അമ്മയ്ക്ക് ക്യാൻസറ അച്ഛന് പ്രോസ്ട്രേറ്റിലാണ് അമ്മയ്ക്ക് ബ്രസ്റ്റിലും തന്തയ്ക്ക് പറഞ്ഞ മക്കൾ നീ എന്നാ ഞങ്ങക്ക് വരുന്നതെന്ന് കാത്തിരിക്കുക ഇവിടെ വിചിത്രമായ ഒരു ഇന്ത്യയാണ് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ അനുഭവത്തിൽ ജോൺ ഹോക്കിൻസിലെ പരിചയം കൊണ്ട് വരും ഗ്രന്ഥികളെയാണ് പലപ്പോഴും അർബുദമായി സംശയിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇവ പലപ്പോഴും അർബുദത്തിന്റെ എണ്ണം കൂട്ടുകയും അവയെ ആധാരമാക്കി വിജയകരമായ ചികിത്സയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥല കീലകങ്ങളും ഗ്രന്ഥികളും വിദ്രതികളുമെല്ലാം അർബുദത്തിന്റെ പട്ടികയിൽ ചികിത്സാരംഗം കൊഴിപ്പിക്കുകയും ഈ ഒരു തെറ്റ് തനിക്കുകൂടി പറ്റിയിട്ടുണ്ടെന്ന് ലോകമാകെ ഈ തെറ്റ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ബ്ലഡ് ഗുഡ്സ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ദ ഡയഗ്നോസിസ് ഓഫ്ലി ബ്രസ്റ്റ് അമേരിക്കൻ മെഡിക്കൽ ജേർണൽ ട്വന്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പാർക്കും ലീയും പറയുന്നൊരു കാര്യമുണ്ട് അർബുദം ചികിത്സിച്ചു ഭേദാക്കിയതിന്റെ എണ്ണം കാണിക്കുന്നതിലേക്ക് അർബുദമല്ലാത്ത പല രോഗങ്ങൾക്കും ആ പേർ നൽകി ചികിത്സിക്കുന്നുവെന്നാണ് the absolute curability of cancer of breast 1951 barkandli veendum kaushika siddhantika maru kaushika siddhantam koshta sambandhikkuna siddhantangal andre palaye samskritha padamaanu kaushika siddhantam കോശശാസ്ത്രജ്ഞർ സൈക്കോളജിസ്റ്റ് കൗശിക സൈദ്ധാന്തികന്മാരും സൈക്കോളജിസ്റ്റ് നിദാന ശാസ്ത്രജ്ഞന്മാരും അർബുദത്തെയും അനർബുദത്തെയും വേർതിരിക്കുന്ന കൃത്യമായ രേഖകളില്ലെന്ന് ഉറക്ക സമ്മതിക്കുന്നുണ്ട് എന്ന് തന്നെയല്ല പലപ്പോഴും എല്ലാ മുഴകളെയും അർബുദത്തിലേക്ക് ആനയിക്കുന്നതിലുള്ള ഒരു ശ്രമവും ഉണ്ടെന്ന് അവർ പറയുന്നു അവത്സക്ക് വളരെ സ്നേഹത്തിൽ പതോളജിസ്റ്റിനോട് കൂടണം അവനീ കച്ചവടത്തിന്റെ രംഗത്തില്ല അവന് ശമ്പളം ഫിക്സഡാ പതോളജിയിൽ ഒരു എം ബി ഒക്കെ എടുത്തിരിക്കുന്നവന് വരുന്നതിനനുസരിച്ചുള്ള കമ്മീഷൻ ഇല്ല മനസ്സിലായില്ല കമ്മീഷൻ ഉണ്ട് ഡോക്ടർ അങ്ങോട്ട് വിടുന്ന അത്രേ ഉള്ളു അപ്പൊ അങ്ങനെയുള്ളവരെ പതുക്കു എന്ന് പോയി കണ്ട് അവരോട് ചോദിച്ചാൽ പലപ്പോഴും വസ്തുതകൾ കിട്ടും സ്നേഹമുണ്ടായിരിക്കുമ്പോൾ അപ്പോഴാണ് ഇത് കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് അർബുദത്തിലേക്ക് എത്ര മുഴകളെ ആനയിക്കുന്നുവെന്ന് മതോളജിസ്റ്റുകൾ മാത്രമല്ല സൈക്കോളജിസ്റ്റുകൾ രണ്ടുകൂട്ടരും കണ്ടി ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയിൽ മാത്രം അറുപത്തി ഒമ്പതിനായിരം ഹിസ്റ്റമി നടന്നിട്ടുണ്ട് ആവശ്യമുള്ളത് വേറെ അമേരിക്കയിലൊക്കെ ആയതുകൊണ്ട് നിന്റെ കണക്ക് വരും അറുപത്തിയൊമ്പതിനായിരം ഹിസ്ട്രമി ആവശ്യമില്ലാതെ നടത്തിയിട്ടുണ്ട് എന്ന് റെക്കോർഡുണ്ട് ബങ്കർ ജെ പി and malmanamki elicle hysterectomy english journal of medicine 295 264 pages 1976 1976 le english medical journal il english channel of medicine adil bangar jeethi dr nehu v yr kodip ാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതുകൊണ്ടല്ല നാം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാവുന്നത് അർബുദ എണ്ണം പ്രതിദിനം കൂടുന്നതാണ് അഥവാ അഥവാ അഥവാ കൂട്ടുന്നതാണ് അതാണ് നല്ല പദം കൂടുന്നതാണ് എന്ന് പറയുന്നത് കാരണം ഇത്രയധികം പേര് വരുമ്പോ മത്സര രംഗത്ത് കൂടുതൽ ആളെ കിട്ടണോ ഞങ്ങൾ ഈ സപ്താഹത്തിനും പരിപാടിക്കുമൊക്കെ ആളെ കൂട്ടിയില്ലെങ്കിൽ നഷ്ടമാണ് അതിനവസാനം സിനിമാറ്റിക് ഡാൻസ് ഉണ്ടാവും ഉച്ചയ്ക്ക് സത്യ ഉണ്ടാവും വൈകുന്നേരം സിനിമാറ്റിക് ഡാൻസ് ഉണ്ടാവും പകരും സ്വാമിയുടെ സപ്താഹവും ഉണ്ടാവും ഇങ്ങനെ കണ്ടിട്ടില്ല അതായത് ഉച്ച സമയത്ത് മീറ്റിങ്ങുമൊക്കെ ബിരിയാണി ഫ്രൈഡ് റൈസും ഒക്കെ ഈ ഇത്തരം പരിപാടികളിൽ ഒരു രസമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് സ്വാമിമാരുടെ പരിപാടിയിലെ ശരിയല്ല ഏ കണ്ടിട്ടില്ല പങ്കെടുക്കുകയും തിന്നുകയും ചെയ്തിട്ട് ഇനിക്ക് നാല് പേര് അറിയുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന് മോശമാണല്ലോ എന്നുവെച്ചുള്ള ഒരു ചളിപ്പ് കച്ചവടത്തിന്റെ താല്പര്യം തുടങ്ങിയാൽ ഇതിനൊന്നും അതിർത്തികൾ ലോഭം മനുഷ്യനോടൊപ്പം ഉള്ളിടത്തോളം കാലം പെരുക്കും അതില്ലാതെ വരണമെങ്കിൽ അറിവുണ്ടാവണം അറിവുണ്ടായാലൊന്നും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടേ ചെന്ന് അതിനെങ്കിലും ശ്രമിച്ചാൽ നല്ലതാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ രോഗികളുടെ എണ്ണം കൂട്ടുന്നതാകണം ഈ കണക്കുകൾ വ്യക്തമായി നമ്മുടെ ആശുപത്രികളിലുള്ളപ്പോൾ മറുഭാഗത്ത് ശാസ്ത്രവും രോഗഗതിയിലൂടെ ആ അങ്ങേയറ്റം ശാസ്ത്ര പുരോഗതി നേടി എന്നുള്ള അഭിമാനത്തിലൂടെ രോഗത്തെക്കുറിച്ചുള്ള അറിവും ഈ കണക്കുകളും എല്ലാം വച്ച് നാം എന്തൊക്കെ നേടിയെന്നും ശാരീരികവും മാനസികവുമായി ആരോഗ്യം എത്ര വർദ്ധിച്ചുവെന്നും കൃത്യമായി അറിയാവുന്നിരിക്കെ പുരോഗതിയെക്കുറിച്ച് വീരവാദം മുഴക്കുന്നത് എത്ര അർത്ഥശൂന്യമാണ് എന്നാലോചിച്ച് നോക്കും വലിയ ഗംഭീരൻ പരിപാടികളാണ് പറയുന്നത് പലപ്പോഴും അർബുദ കോശങ്ങൾ സാധാരണ കോശങ്ങൾ പോലെയും സാധാരണ കോശങ്ങൾ അർബുദ കോശങ്ങൾ പോലെയും പെരുമാറുന്നതായി ൗശിക സൈദ്ധാന്തികനും അറിയുന്നതാണ് കോശ പഠനത്തിൽ ഇത് വ്യക്തമായി അറിയുന്നതാണ് കോശ സ്വഭാവം കൊണ്ട് അർബുദം നിശ്ചയിക്കാനാവില്ലെന്ന് ഏതൊരു നിദാന ശാസ്ത്രജ്ഞനും അറിവുള്ളതാണ് ഒരു ഗ്രന്ഥിയോ മുഴയോ പിടകകളോ വിദ്രഥിയോ സൂക്ഷ്മദർശിനിയിലൂടെ പഠിക്കുമ്പോൾ കോശങ്ങളുടെ സൂക്ഷ്മ മൈക്രോസ്കോപ്പിക് സ്റ്റഡി അവലംബിച്ചാണ് അർബുദമെന്നുറപ്പിക്കുന്നത് എന്നാൽ കോശ വലിപ്പം കോശകേന്ദ്ര സ്വഭാവം കോശ ആകൃതി കോശവിതരണം അറേഞ്ച്മെന്റ് അപ്പോൾ മൈക്രോസ്കോപ്പിക് സ്റ്റഡി കഴിഞ്ഞ് കോശത്തിൻ്റെ വലിപ്പം അതുപോലെ കോശകേന്ദ്രത്തിൻ്റെ സ്വഭാവം ന്യൂക്ലിയർ ഫിനോമിനൻ അതുപോലെ തന്നെ കോശ കോശം ഏത് ഷെയ്പ്പിലാണ് കോശ വിതരണം സെല്ലുലർ അറേഞ്ച്മെന്റ് ഇവയുടെ ഒന്നും അടിസ്ഥാനത്തിൽ ശരിയായ നിദാനത്തിലെത്താനാവില്ലെന്ന് അല്പം പരിചയമുള്ള ഒരു കൗശികന് ഒരു സെല്ലുലർ ബയോളജിസ്റ്റിന് അറിയാം വേദൊരാളോട് പോയി അപകൃിച്ചു ചോദിച്ചാൽ പറയും കാരണം ഈ സൂക്ഷ്മ പഠനങ്ങളിലെല്ലാം അനിശ്ചിതത്വം അഥവാ അൺസർട്ടനിറ്റി വേണ്ടത്രണ്ട് എന്നുള്ളതാണ് പഠനം സൂക്ഷ്മമാകും തോറും അൺസർട്ടനിറ്റി ഡിസൈഡിങ് ഫാക്ടറായി മാറും കാരണം അവിടെ എടുക്കുന്ന ഒരു അസംഷനെങ്ങനെയാണ് പഠനം സൂക്ഷ്മമായി പോയാൽ ഒരിക്കലും ആ പഠനം സമഗ്രമല്ല പിന്നെയോ കലനാത്മകമാണ് പഠനത്തിന്റെ രണ്ട് ദിശകളാണ് ഒന്ന് സമഗ്രം ഇൻഡഗ്രണ്ട് കലനാത്മകമായി പോകുക ഡിഫറൻഷ്യൽ യുക്തി പഠിച്ച് വസ്തുവിൽ നിന്ന് അകലുകയാണ് വസ്തുവിലേക്ക് ചെല്ലുകയല്ല കാരണം ബയോളജിയിലും കെമിസ്ട്രിയിലും ഫിസിക്സിലും എല്ലാം അടിസ്ഥാനമായി എടുക്കുന്ന ഡിഫറൻഷ്യൽ മതേഡാണ് ഡിഫറൻഷ്യേറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ഡിഫറൻഷ്യൽ മാത്തമെറ്റിക്സുകാരെങ്കിലും ഉണ്ടോ അപ്പായിട്ടെങ്കിലും മാത്തമെറ്റിക്സ് പഠിച്ചോരുണ്ടോ എന്ന് കൈമോക്യോപകാരമാണ് ഡിഗ്രിക്ക് ഇല്ലെങ്കിൽ ഞാനിവിടെ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട് നാല് പേരുണ്ട് അല്ലെങ്കിൽ പാട്ടുള്ളവരെ കളിപ്പിക്കാൻ കുറെ സ്വാമി എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് അത് ശാസ്ത്രമായിരിക്കും തിരിച്ചിറങ്ങി പോവുക അതൊരു കൊള്ളിക്കരുതാത്ത പരിപാടിയാണ് പറഞ്ഞാ നല്ലതാ അവിടെ എടുക്കുന്ന അസംക്ഷൻ ഡെൽറ്റ എക്സ് ടെൻഡിംഗ് ടു സീറോ ഇറ്റ് നോട്ട് ഈക്വൽ ടു സീറോ ഡെൽറ്റൈസ് ഈക്വൽ ഡെൽറ്റൈ ബൈ ഡെ ഡെൽറ്റൈ ബൈ ഡെൽറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിലേക്ക് എത്തിയിട്ടാണ് അവിടെയാണ് ഡിഫറൻഷിയേറ്റിംഗ് പ്രിൻസിപ്പിൾ വസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറഞ്ഞത് ഇത് പഠിക്കാൻ എളുപ്പം ഡിഫറൻഷ്യലേക്ക് എത്രയും പോകാം തിരിച്ച് വസ്തുവിലെ കസ്റ്റ്യൂം ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തെല്ലാം കോൺസ്റ്റന്റ് ആയിരുന്നുവോ അവയെല്ലാം വേരിയബിൾ ആയി മാറും അതാണ് സൈറ്റോളജിയിലും നടക്കുന്നത് അതാണ് ബയോളജിയിലും നടക്കുന്നത് അതുകൊണ്ട് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ലീഡിംഗ് പ്രിൻസിപ്പിൾസ് കോൺസ്റ്റന്റ് എസിന്റെ ആഗമനത്തിന് ശേഷം വർണർ ഹൈസൻബർഗിന്റെ തയ്യിൽ കുത്തിയിരിക്കുന്ന എച്ച് പിന്നിന്റെ ആഗമനത്തിന് ശേഷം ഒരഭിമാനത്തോടെ കുത്തിയതാ the principle of hyde uncertainty is the leading thing avadeya shastram pagachu nikkanadu nidana prakriya mulivan avadeyanu kooppugutunadu <laughs> prethra ubakaranangal athra krooshmay kandathunuo athra kandu shastralogam confused a karyavaya ningal odunadu kandam മെക്കാനിക്സിന്റെ ആഗമനത്തിനു ശേഷം ക്വാണ്ടത്തെ കുറിച്ചുള്ള പഠനങ്ങൾക്കു ശേഷം ഊർജതന്ത്രം കൊണ്ടുപോയ ഊർജതാണ്ഡവത്തിന്റെ സംവേദനങ്ങൾക്കു ശേഷം ശാസ്ത്ര ഇന്ന് തരിച്ചു നിൽക്കുന്നത് അവിടെയാണ് ക്ലാസിക്കൽ ഫിസിക്സ് അവിടെ തരിച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ നിദാന പ്രക്രിയകളും സ്തോഭജനകങ്ങളായ സൈക്കോളജിക്കൽ പഠനങ്ങളും നടത്തി ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി നിനക്ക് ക്യാൻസർ ആണ് എന്നൊരുത്തനോട് ശങ്കാവിഹീനം ഒരു ഡോക്ടർ പറയുന്നത് ഏറ്റവും വിചിത്രമായ സംഭവം രണ്ടു കൊല്ലത്തെയോ അഞ്ചു കൊല്ലത്തെയോ ചികിത്സ കഴിഞ്ഞ് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് ും റേഡിയോളജിസ്റ്റും പതോളജിസ്റ്റും സൈക്കോളജിസ്റ്റും മോളിക്കുലർ ബയോളജിസ്റ്റും എല്ലാം ഒന്നിച്ചിരുന്ന് ഗതിയതകൾ മുഴുവൻ വീക്ഷിച്ച് ചെലവാക്കാവുന്ന പണം മുഴുവൻ ചെലവഴിപ്പിച്ച് അവസാനം ഇനി യാതൊന്നും ചെയ്യാനില്ല ഇനി ഒരു വൈദ്യശാസ്ത്രത്തിനും നിങ്ങളെ രക്ഷിക്കാനാവില്ല ഇനി എങ്ങോട്ടും പോകണ്ട ഒന്നും കഴിക്കാതെ ചിലപ്പോൾ ഭാഗ്യം കൊണ്ടോ മനസ്സിലായില്ല ഏതെങ്കിലും സ്ഥലത്തിയെന്ന് ഇതുമായി ബന്ധമില്ല എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ കണ്ട് എന്തോ വലിച്ചു വാനും തിന്നതിന്റെ പേരിലോ നിശ്ചയുള്ളവന്മാർ ഉപേക്ഷിച്ചതാണ് നിശ്ചയില്ലാത്തവൻ കൊടുക്കുന്നത് പിന്നെ പൊട്ടക്കണ്ഠൻ മാവേലെറിഞ്ഞ പോലാണ് അങ്ങനെ രക്ഷപ്പെട്ടാൽ ആളുകളെ കണ്ടാൽ തനിക്ക് ആ രോഗം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ അതാണ് ഇന്ത്യയിലെ വൈദ്യശാസ്ത്രത്തിന്റെ ഇന്നത്തെ നില തെളിവുകൾ ഇഷ്ടം പോലെ കാണിക്കാം എവിടെ അവരറിയാത്ത ഒന്നുണ്ട് നിദാനപ്രക്രിയയിലും പഠനങ്ങളിലും അവരുപയോഗിച്ച മാനദണ്ഡങ്ങൾ അവരെ പഠിക്കുന്നു അതൊന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ഗണിത യുക്തിയിൽ അതിന്റെ പ്രിവിറ്റീവ് കാണാൻ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കോൺസ്റ്റന്റും വേരിയബിൾ ആണ് ഏത് ഇക്വേഷനിലും ഇറ്റ് ഓർമ്മയൊക്കെ ഉണ്ടാവും 2x plus 2 plus 0. Is that right? Eh? Then again differentiating y dash is equal to y2 dash is equal to 2 plus 0. This is integrating n1r. 2 will be 2x equal to phenylosia plus c. പിന്നെ പുറകോട്ട് വരുമ്പോ ഓരോ സിയും കൂടിയല്ലാതെ സീയുടെ വാര്യ എത്രയാണെന്ന് അറിയില്ല മാതമറ്റിക്സ് പഠിച്ച കാലത്ത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ വൈദ്യശാസ്ത്രത്തിൽ മാത്തമറ്റിക്സ് എന്ന് നിങ്ങൾ യോജിച്ചേക്കും അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് പറയേണ്ടി വരും ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് മുതലെടുത്താൽ നിനക്ക് ഇത് ബോധ്യമാകും അപ്പോ നമ്മൾ ഇന്ന് പലപ്പോഴും കണ്ടുമുട്ടുന്നത് ശാസ്ത്രകാരന്മാരെയല്ല ടെക്നീഷ്യന്മാരെയാണ് ഏതോ ശാസ്ത്രകാരൻ ഏതോ ലോകത്തിൽ കണ്ടുപിടിച്ചുവെന്ന് അഭിമാനത്തോടുകൂടി അവൻ കണ്ടുപിടിച്ചത് എന്താണെന്ന് തിരിച്ചറിയാതെ ഉപയോഗിക്കുന്ന ടെക്നീഷ്യൻസ് ഉപയോഗിക്കുമ്പോൾ ഇവന്റെ വികാരങ്ങളും വിചാരങ്ങളും അഭിമാനവും തൊഴിലും ഒന്നിച്ച് സംവേദനത്തിലേക്ക് എത്തുമ്പോൾ അവയെല്ലാം വൈകല്യമായി തീർന്ന ഒരു ടെക്നോളജി ആയിരിക്കും അവൻ നമുക്ക് തരുന്നത് എന്നാൽ അതിന്റെ ഫണ്ടമെന്റൽസ് എനിക്ക് അറിയില്ല എന്നൊരു മര്യാദ പോലും അവന്റെ തലയിൽ കത്തുകയും ഇല്ല കണ്ടെത്തിയവന് തന്റെ കണ്ടെത്തലിന്റെ പരിമിതികളെ പറ്റി ബോധ്യമുണ്ടായിരിക്കുമ്പോഴും അത് ഉപയോഗിക്കുന്നവൻ കണ്ടെത്തിയവനേക്കാൾ മിടുക്കനാണെന്നുള്ള മട്ടില ഉപയോഗിക്കുന്ന ഇന്ത്യൻ അറിവിന്റെ ഒരു മേഖലയായത് നിങ്ങളുടെ വീടുകളൊക്കെ പണിയുമ്പോൾ സുമിറ്റും മണലും കമ്പിയും ഒക്കെ ഉണ്ടാക്കുമ്പോ അതിനെ ആധികാരികമായി പലപ്പോഴും പറയുന്ന ആ കൂട്ടുന്ന മൈക്കാട് അത് വാർത്ത പരിശീലനമുള്ളവനേക്കാൾ അറിയുള്ളവനെ സംസാരിക്കുന്നത് അവൻ സൂപ്പർവൈസറെ അറിയുള്ളവനെ ഇത് മതി സാറേ എഞ്ചിനീയറെ വിവരം തനിക്കാണെന്നുള്ള മട്ടില്ല ശരിയല്ല എഞ്ചിനീയർ താൻ എവിടെ നോക്കുകയോ വലിച്ചു കൂട്ടി പഠിച്ചത് മാത്രമാണ് ഇത് കണ്ടെത്തിയത് വേറൊരു രാജ്യത്ത് വേറൊരുത്തനാണ് അവരെക്കാൾ പേരിക്കാണെന്നുള്ള മട്ടില്ല ഇവരെക്കാൾ ഒക്കെ വിവരം പണം മുടക്കിയവൻ ഒന്നും അറിയില്ലെങ്കിലും ഇതൊക്കെ മതി നീ ഒരു ചട്ടി സെമി ഒമ്പത് ചട്ടി മണലിട്ടൂട്ടി മതി അത്രയും പിടിക്കും നടന്ന് പിടിച്ചാ മതി ഓ ഈ വയ്യാവേലി പോയാലേ ഇനി പറ്റുള്ളൂ ഇതാണ് ഇന്ത്യൻ നോളജ് ഇതേ വിദ്യാഭ്യാസത്തിന്റെ ഒരു വൈകല്യമാണ് അറിയണമെങ്കിൽ അതിന്റെ വഴിയിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണം അപ്പം സൈക്കോളജി പഠിക്കുമ്പോ കോശ കേന്ദ്ര സ്വഭാവം ന്യൂക്ലിയർ അതുപോലെ തന്നെ കോശാകൃതി കോശ വിതരണം അറേഞ്ച്മെന്റ് ഇവയുടെ ഒന്നും ശരിയായ നിഗമനത്തിൽ എത്താനാവില്ല എന്ന് അല്പം പരിചയമുള്ളൊരു കൗശികന് കോശാസ്ത്രജ്ഞന് സെല്ലുലർ ബയോളജിസ്റ്റിന് അറിയാം കാരണം ഈ സൂക്ഷ്മെല്ലാം അനിശ്ചിതത്വം അല്ലെങ്കിൽ അൺസർട്ടനിറ്റി വേണ്ടത്രയുണ്ടെന്നുള്ളതാണ് കാലം ദേശം കോശദ്രവത്തിന്റെയും കോശകേന്ദ്രത്തിന്റെയും ലീലാവിലാസങ്ങൾ നമ്മൾ ഒന്ന് പറഞ്ഞതാ അർബുദത്തിന്റെ കാരണങ്ങൾ പഠിക്കുമ്പോൾ കോശദ്ര നിർണായകമായ പഠനങ്ങളാണ് ആ കോശദ്രവത്തിന്റെയും കോശകേന്ദ്രത്തിന്റെയും ലീലാവിലാസങ്ങൾ കോശത്തിൽ എന്തെല്ലാം മാറ്റം വരുത്തും ഒരു നൊടിയുടെ അരമണിക്കൂർ മുമ്പെടുത്ത ഒരു സൈക്കോളജിക്കൽ സ്റ്റഡി വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞെടുത്താൽ ആവർത്തിക്കപ്പെടുന്നില്ല അപ്പൊ ഇന്നെടുത്തൊരു പഠനത്തെ വെച്ച് എത്തിച്ചേർന്ന നിഗമനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഒരു മണിക്കൂർ മുമ്പ് എടുത്തതും അടുത്ത മണിക്കൂർ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് എല്ലുമ്പോ അത് ഞങ്ങക്ക് സമ്മതല്ലെന്ന് പറയുന്നു എന്നാൽ ഈ വസ്തുത എന്ന് പറഞ്ഞു ഇത് എടുക്കേണ്ടതേ ഇല്ല എന്ന് ബോധ്യായനെ ആശുപത്രിയിൽ നിന്ന് എടുത്തതും പറ്റില്ല ഒരു ആശുപത്രിയിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് എടുത്തത് അടുത്ത ഡിപ്പാർട്ട്മെന്റ് സംഭവിക്കില്ല പലപ്പോഴും എടുക്കുന്നത് എടുക്കലല്ല അറിഞ്ഞു എന്ത് ചോദിക്കുന്നു അത് കാണിച്ചെടുക്കാവുന്ന ഒരു സംവിധാനം അതിലുണ്ട് അതാണിതിലൊക്കെ വിചിത്രം അപ്പൊ ചെയ്യുന്നിടത്ത് ആ വിധം ചെയ്യാൻ പറ്റും സ്വീകരിക്കുന്ന മാനദണ്ഡം ക്ലിനിക്കൽ ആണ് റേഡിയോളജിക്കൽ അല്ലാൻ ഡോക്ടർ തണ്ടൻ സ്കാൻ സ്കാൻ കണ്ണുകൊണ്ട് നോക്കി അറിയുന്നതാണ് സ്കാനിംഗ് ഉപകരണങ്ങൾ കൊണ്ട് നോക്കി അറിയുന്നതിനേക്കാൾ ഉത്തമം ലോക പ്രശസ്തനായ ന്യൂറോ സർജൻ തണ്ടന്റെ വാക്കുകളാണ് അതൊന്നും ഓർക്കാം അപ്പോ കോശസമൂഹത്തിന്റെ കൂട്ടായ്മയിലെ വൈരുദ്ധ്യങ്ങൾ കോശകേന്ദ്രം കോശദ്രവം ഇവയുടെ ലീലാവിലാസങ്ങൾ കോശസമൂഹത്തിന്റെ കൂട്ടായ്മയിലെ വൈരുദ്ധ്യങ്ങൾ കോശങ്ങൾ ചേരുമ്പോ എൻസെല്ലുകൾ സ്റ്റംസെല്ലുകൾ ഒക്കെയായി ഉണ്ടാക്കുന്ന ഒട്ടേറെ വൈകാരികതയുടെ കൂട്ടായ്മകളുണ്ട് നമ്മുടെ മാതിരി തന്നെ അവ തമ്മിൽ നടത്തുന്ന എതിർപ്പുകളുണ്ട് അവ നമുക്കെതിരെ തിരിഞ്ഞ് ഉൽപാദിപ്പിക്കുന്ന വിഷങ്ങളുണ്ട് വീട്ടില് നിഷേധിയായി വളരുമ്പോ സമൂഹത്തിൽ നിഷേധിയായി വളരുമ്പോൾ സമൂഹ ശരീരത്തിൽ എങ്ങനെയാണോ ഇവൻ വിഷമിപ്പിച്ചത് അതേപോലെ തന്നെ ഇവന്റെ കോശങ്ങൾ ഇവനിൽ വിഷമവിപ്പിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് ഓട്ടോടോക്സിൻസ് പഠിക്കാൻസിലോട്ട് പോണം അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് തള്ളി തന്ത്യ പണ്ട് പറഞ്ഞുകൊടുത്തത് നിഷേധിയായിട്ട് വളരുത് നിഷേധിച്ചു നിഷേധിച്ചു നിന്നെ നിഷേധിക്കുന്ന ഒരു നാളുണ്ടാവും നിഷേധികളുടെ എല്ലാം അന്ത്യം നിഷേധം ആരോഗ്യശാസ്ത്രത്തിന് ഉചിതമല്ല നിഷേധം ആദ്യത്തെ അനാരോഗ്യകരമായ വിത്താണ് തലേറോ ഒരു സമൂഹ ഒരു കുടുംബശരീരത്തിൽ വേറിട്ട് നിൽക്കുന്നത് നമ്മുടെ ഒരു കോശം നമ്മോട് വേറിട്ട് നിന്നാൽ അവൻ നമുക്കെതിരായി പ്രവർത്തനം തുടങ്ങും നമ്മുടെ പ്രവർത്തനങ്ങളുടെ മസ്തിഷ്കത്തിൽ കുറിച്ചിട്ടെതിരെ നമ്മളെ തന്നെ തിരിക്കും കൂട്ടായ്മകളുടെ അത്ഭുത ലോകമാണ് അകത്തു കയറി നോക്കണം പപ്പയെ പോലെ ന്യൂറോണുകളുടെയും കാൽ ഒക്കെ അത്ഭുത ലോകം തുറന്ന് കാണണം അതേന്ദ്രിയ ലോകങ്ങളിലൂടെ കിടന്നുപോയി നോക്കണം ടോക്സിക്കോളജിയുടെ പാഠങ്ങൾ ഓരോന്നും പഠിച്ച് എങ്ങനെയാണ് ഒരു വസ്തു ഒരാളുടെ ശരീരത്തിന് വിഷമയമായും മറ്റൊരാളിന് ആരോഗ്യമായും തീരുന്നത് മരത്തിന്റെ ചോട്ടിലൂടെ പോകുന്ന ഒരുത്തന് ചൊറിയുമ്പോൾ മറ്റവന് ചൊറിയാതിരിക്കുന്നത് ൻ പാല് രേഖം മുഴുവൻ ചൊറിയുമ്പോൾ മറ്റൊൻ പാല് കുടിച്ച് തന്നെ വളരുന്നത് ആ ഇതറിയണമെങ്കിൽ അല്പം കാവ്യാത്മകമായി കൂടെ ശാസ്ത്രം പഠിക്കണം അവന്റെ എതിർപ്പിന്റെ രചരേഖകൾ അവൻ ഉത്തമമാകേണ്ട വസ്തുക്കളെ അവനെതിരായി തിരിക്കുവാൻ അവന്റെ കോശ സംവിധാനങ്ങൾക്ക് കഴിവുണ്ടാകുമ്പോൾ പുറത്ത് നടത്തിയ ഗൂഢാലോചനകളിൽ നിന്ന് നേടിയ കണക്കിന്റെ ഭാവതലങ്ങൾ സ്വയം സൂക്ഷിക്കുന്നേ അവന്റെ ഓർമ്മകളിൽ അത് പലിശയും മുതലും ചേർത്ത് അവനെതിരെ അവനിൽ ഗൂഢാലോചന ഉണ്ടാക്കി മൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മാനവാദി അസ്വതന്ത്രനാണ് മര്യാദയ്ക്ക് ജീവിക്കുവാൻ മാത്രമേ വിധിച്ചിട്ടുള്ളൂ എന്ന പ്രാചീന വചനങ്ങൾ ശാസ്ത്രത്തിന്റെ അങ്ങേതലക്കിൽ ഉയർന്നു കേൾക്കാം ശാസ്ത്രലോകം പൊരുത്തം വിട്ട സംവേദനങ്ങൾ മനസ്സിലാവുക അതുകൊണ്ടാണ് അവർ പറഞ്ഞത് സെല്ലുലർ അറേഞ്ച്മെന്റ് അതുപോലെ പരിചയമുള്ള ഒരു കൗശികനെ സംബന്ധിച്ചിടത്തോളം കോശങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ ഇതെല്ലാം വെച്ച് കാലം ദേശം കോശദ്രവത്തിന്റെയും കോശ കേന്ദ്രത്തിന്റെയും ലീലാവിലാസങ്ങൾ കോശ സമൂഹത്തിന്റെ കൂട്ടായ്മയിലെ വൈരുദ്ധ്യങ്ങൾ കോശ പരീക്ഷണത്തിലെത്തുന്ന ഏതൊരുവനെ സംബന്ധിച്ചും അവന്റെ മനസ് ഇനി നമ്മുടെ കോശം പരീക്ഷിക്കാൻ ഒരുത്തൻ ഉറങ്ങുമ്പോ ഇറങ്ങുമ്പോൾ അവന്റെ മനസ്സ് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുമോ മനസ്സിലായില്ല നിങ്ങളുടെ കയ്യില് വി അളക്കാനുള്ള ഒരു മാനോമീറ്റർ കെട്ടിവെച്ച് മനസിലായി അതിന്റെ ഇങ്ങനെ ആ റബ്ബർ ബൾബില് ഒരു ഡോക്ടർ കൈകൊണ്ട് ഞെക്കുമ്പോൾ അയാളുടെ കയ്യിൽ അയാൾക്ക് പ്രഷറുണ്ടെങ്കിൽ ആ വായു കുളിക്കുന്ന മർദ്ദം അയാളുടെ പ്രഷറിനെയും കൂടെ ചേർത്ത് മർക്കുറിയുടെ ഒരു റിലേറ്റീവ് ബി പി ആയിരിക്കുമോ തരിക അതല്ല ആരുടെ ഇളക്കുന്നു അവന്റെ മാത്രമായിരിക്കുമോ തരുകയിൽ നിൽക്കുന്ന ഒരു നൂറ്റി ഇരുപത് ബി നിൽക്കുന്ന ഒരു തന്നെ ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ കാണിക്കുമോ അപ്പൊ ഇനി മുതൽ ചെല്ലുമ്പോ ഡോക്ടറുടെ ബി പി എത്രയാണെന്നൊന്നും ആ ഗണിതാസ്ത്രം നന്നായി പഠിക്കണം നേരെ പോകുന്ന ഒരു വണ്ടിയിലിരുന്ന് അതിനെതിരെ പോകുന്ന ഒരു വണ്ടിയുടെ സ്പീഡ് വെച്ചുകൊണ്ട് തൻ്റെ വണ്ടിയുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്താൽ വണ്ടിക്ക് സ്പീഡേ ഉണ്ടാവില്ല മനസ്സിലായില്ല രണ്ടും ഒരേ സ്പീഡാണെങ്കിൽ സീറോയാ രണ്ടു വണ്ടികൾ സ്പീഡിലോടുമ്പോ ഒരേ ദിശയിലാണെങ്കിൽ മറ്റതിൽ നോക്കിയാൽ ഇരട്ടിയ കത്ത് വായിക്കാൻ പറഞ്ഞു പഠിച്ച ഉടനെ ആയിരുന്നു മുരറിനകത്ത് മുമ്പിലുള്ള വസ്തുവിന്റെ അത്രയും ദൂരം പിൻപിലാണ് കാണുന്നതെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രതലത്തിലൊരകലെ എഴുതി വെച്ചിരിക്കുന്ന വസ്തു അത്രയും പുറകിലാ കാണുന്നത് വായിക്കാൻ നേരത്ത് അവൻ ചോദിച്ചു വസ്തുവിലേക്കുള്ള അകലം വെച്ചാണോ എന്നോട് വായിക്കാൻ പറയുന്നത് അതല്ല എന്നിൽ നിന്ന് ഇമേജിലേക്കുള്ള അകലം വെച്ചാണോ വായിക്കാൻ പറയുന്നത് മുമ്പിൽ പേപ്പർ വെച്ച് അതേ അകല അവന്റെ തലയുടെ നിന്ന് പുറകോട്ട് വെച്ചിട്ട് മുമ്പിലുള്ളൊരു കണ്ണാടിയിൽ കാണിച്ചാൽ ഈ അകലത്തിന്റെ ഇരട്ടിയാണ് അവിടെ കാണുക എന്നിട്ട് എങ്ങനെയാണ് കാണിന്റെ കാഴ്ച നിശ്ചയിക്കുക ഇതില്ല